അവർ നിങ്ങളോട് പിശുക്കന്മാരാണ് എന്നാൽ ഭയം വരുമ്പോൾ മരണാസന്നനായ ഒരാളുടെ കണ്ണുകൾ കറങ്ങുന്നതുപോലെ അവർ നിങ്ങളെ നോക്കുന്നത് നിങ്ങൾ കാണും ഭയം നീങ്ങിക്കഴിയുമ്പോൾ അവർ മൂർച്ചയുള്ള നാവുകൾ കൊണ്ട് നിങ്ങളെ പരിഹസിക്കും നന്മകളിൽ അവർ പിശുക്കന്മാരുമാണ് ഇക്കൂട്ടർ വിശ്വസിച്ചില്ല അതിനാൽ അള്ളാഹു സുബാനുഹുവ തയാല അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി അതല്ലാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്